അള്ളാഹുസുബഹാനഹുവല നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ നൽകിയ ശ്രേഷ്ഠതയെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കരുത് പുരുഷന്മാർ തങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് ഒരു വിഹിതവും സ്ത്രീകൾ തങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് ഒരു വിഹിതവും ലഭിക്കാൻ അർഹരാണ് അള്ളാഹു സുബഹാനഹുവത്ത ആലായുടെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ അവനോട് ചോദിക്കുക തീർച്ചയായും അള്ളാഹുസുബഹാനഹുവല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്